ഭഗവാൻ ഉദ്ധവർക്ക് ഉപദേശിക്കുന്ന ഉദ്ധവഗീതയാണ് അവസാനം ഋഷിശാപം കൊണ്ട് യാദവരൊക്കെ യാദവ് വംശം നശിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു അപ്പോ ഭഗവാൻ യാദവരെയൊക്കെ വിളിച്ചു പറഞ്ഞു നമുക്ക് പ്രഭാസ പോവാം പ്രഭാസ തീർത്ഥത്തിൽ ചെന്ന് പൂജാതി കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന് നിശ്ചയിച്ച് എല്ലാരും പ്രഭാസ തീർത്ഥത്തിലേക്ക് യാദവർ തന്നെ പറഞ്ഞേക്കാത്ത അവസ്ഥയിലെത്തി എന്നാണ് പിന്നെ ബാക്കിയുള്ളവരെയൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഉദ്ധവർ പറയണു യാദവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു ഇന്നല്ല അന്നേ അങ്ങനെയാണെന്നാണ് അവരെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ദുഃഖം തോന്നുന്നു പരമാത്മാ തന്നെ അവിടെ വന്ന് ജനിച്ചു കൂടെ ഉണ്ടായിരുന്നിട്ടും ഇവര് നന്നാവാം കൂട്ടാക്കിയില്ല അത്രേ കുറെ പേര് ഋഷികളെ പരിഹസിച്ചു ഋഷികൾ ശപിച്ചു ഒരു സാമ്പനെ ഭഗവാന്റെ തന്നെ പുത്രനാണ് സാമ്പൻ പെൺവേഷം കെട്ടിച്ച് മുമ്പിൽ കൊണ്ടു നിർത്തി ഗർഭിണിയാണ് ഇവൾ ആൺകുട്ടിയെ പ്രസവിക്കോ പെൺകുട്ടിയെ പ്രസവിക്കൂ ഋഷികൾ ശപിച്ചു ഇവൾ ഒലക്കുട്ടിയെ പ്രസവിക്കും ഇവളുടെ ഗർഭത്തിൽ നിന്ന് ഒരു ഇരുമ്പൊലയ്ക്ക ഉണ്ടാവും അത് യാദവകുലത്തിനെ നശിപ്പിക്കും അപ്പോ സംഭ്രമമായി തുറന്നു നോക്കിയപ്പോ ഒരു ഇരുമ്പൊലയ്ക്ക കിട്ടി അപ്പോഴെങ്കിലും വിധിവൈപരീത്യം എന്ന് പറഞ്ഞ് സ്വീകരിച്ചോ എന്ന് വെച്ചാൽ സ്വീകരിച്ചില്ല അതിന് പൊടിച്ചിട്ട് സമുദ്രത്തിൽ കലക്കിയാണ് പൊടിച്ച് സമുദ്രത്തിൽ കലക്കിയത് കൊണ്ട് വിധിയുടെ ഒരു പൊടി പോലും നഷ്ടമാവില്ല എന്ന് കാണിക്കണ പോലെ അതിൽ ഓരോ പൊടിയും കരയ്ക്കടിഞ്ഞിട്ട് വാളുപോലെയുള്ള മുല് പുല്ലുകളായിട്ട് വളർന്നു നിന്നു ഒരേ ഒരു കഷ്ണം ബാക്കി വന്നതിനെ ഒരു മീന് വിഴുങ്ങി അത് ഒരു മുഖുവൻ പിടിച്ചു അതിന്റെ വയറ്റിന് ഇരുമ്പ് കഷ്ണം കിട്ടി അതിനെ ഒരു അമ്പുണ്ടാക്കണമെന്ന് കൊടുത്തു അയാൾ ഒരു അമ്പുണ്ടാക്കി എല്ലാം തയ്യാറായിട്ട് നിൽക്കുന്നു അപ്പൊ ഭഗവാൻ പ്രഭാസ തീർത്ഥത്തിലേക്ക് തീരുമാനിച്ചു അങ്ങനെ തീരുമാനിച്ചിരിക്കുമ്പോഴാണ് ഉദ്ധവര് പരമഭാഗവതനായ ഉദ്ധവര് ചെന്ന് ഭഗവാന്റെ മുമ്പിൽ നമസ്കരിക്കണത് ഭഗവാനെ അവിടുന്ന് എന്നെയും കൊണ്ടുപോകണം ഒരു ക്ഷണനേരം അവിടുത്തെ പാദം വിട്ട് പിരിഞ്ഞിരിക്കാൻ എനിക്ക് വയ്യ നാഹം തവാങ്ക്മലം ക്ഷണാർദ്ദമപി കേ തൃക്തും സമുത്സുഖേനാഥ സ്വതാമനമാമപി തവ വിക്രീഡിതം കൃഷ്ണ ൃാം പരമമംഗളം കർണപീയൂമസ്വദ്യ അന്യസ്പൃഹാം ജന ഭഗവാനെ ദാഹം തവ അഘരിക്കമലം ക്ഷണാർത്ഥമപി ഗുരുവായൂരപ്പനും ക്ഷീണിച്ചിരിക്കുന്നു തളർന്നു നൂറ്റി ഇരുപത് വയസ്സ് കഴിഞ്ഞേ ഉദ്ധവർക്കും കഴിഞ്ഞു നൂറ്റി ഇരുപത് വയസ്സ് കഴിഞ്ഞു ആ അവസ്ഥയിൽ ഗുരുവായൂരപ്പനോട് ചേർന്ന് ഉദ്ധവരുടെ കൂടെ നടന്നതാണ് ഭഗവാന്റെ കൂടെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും നഴല്പോലെ നടന്നു ഉച്ഛിഷ്ടം കഴിച്ചു ഭഗവാൻ ഉടുത്ത് അഴിച്ചു വെച്ച വസ്ത്രമൊടുത്തു തൻറ്റേതായിട്ടൊരു വ്യക്തിത്വം ഇല്ലാത്ത ഭക്തൻ അങ്ങനെയുള്ള പരമഭക്തനായ ഉദ്ധവർ ഇപ്പൊ പറയണത് ഭഗവാനെ എന്നെയും കൂടെ കൊണ്ടുപോകൂ ക്ക് ഭഗവത് തത്വം അല്പമൊക്കെ അറിയാമെങ്കിലും ഭഗവാനോടുള്ള ഭക്തി മേലെ നിൽക്കണു ഭക്തി എന്താ ഭക്തിക്ക് ഇവിടെ എന്താ കുഴപ്പം എന്ന് വെച്ചാൽ ഭഗവാൻ ഈ രൂപമാണെന്നും ഭഗവാൻ എവിടെയോ പോകണു എന്നും ഭഗവാന്റെ കൂടെ താനും പോകണം എന്നും ഒരു തോന്നൽ വിട്ടു പിരിഞ്ഞു പോകണു താൻ കൂടെ പോകണം എന്നും തോന്നൽ എന്നെയും കൂടെ കൊണ്ടുപോകണം അപ്പോഴാണ് ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞത് ഉദ്ധവാ ലോകത്തിൽ ജീവിക്കുന്നിടത്തോളം നമുക്ക് കുറച്ച് അറ്റാച്ച്മെന്റ് വേണം പരസ്പരം എന്താന്ന് വെച്ചാൽ ഒരു അറ്റാച്ച്മെന്റ് ആരോടും ഇല്ലെങ്കിൽ ജീവിതത്തിനൊരു സുഖമില്ല എന്തോ മണ്ണും അല്ല ജീവിതം ജഡം പോലെ അപ്പൊ എന്തിനോടെങ്കിലുമൊക്കെ ഒരു അറ്റാച്ച്മെന്റ് ഉള്ളപ്പോൾ ജീവിക്കാനൊരു സുഖമുണ്ട് അപ്പോ ആ അറ്റാച്ച്മെന്റ് നമ്മൾ ആരോട് ആസക്തി വെച്ചിരിക്കുന്നു ആ ആസക്തി വെച്ച ആൾ എത്ര കണ്ട് ഉയരുന്നു അത്ര കണ്ട് നമുക്ക് സുഖം കൂടും എത്ര നീജമാണെങ്കിലും ഒരു വസ്തുവിനോട് ആസക്തി ഏർപ്പെടുമ്പോൾ അവർക്കൊരു സുഖം തോന്നുന്നു പക്ഷെ ആ വസ്തു നീജമായതുകൊണ്ട് ഇവന്റെ ആസക്തി ഇവന്റെ മനസ്സിനെ ദുഷിപ്പിക്കും ഒന്നുമില്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടി അല്ലെങ്കിൽ ഒരു നായക്കുട്ടി എന്തിനെങ്കിലും പിടിച്ച് മനുഷ്യൻ ആസക്തനാവും അപ്പോ ആ ആസക്തിയെ പതുക്കെ ഭഗവാന്റെ തിരിച്ചുവിടുമ്പോഴും നേരെ അത് നിർഗുണമായ ബ്രഹ്മത്തിൽ പോയി നിൽക്കുമോ നിൽക്കില്ല പ്രിയമായി ഭഗവാന്റെ ദിവ്യരൂപത്തിനെ ആരാധിച്ചു തുടങ്ങണം ദിവ്യരൂപത്തിനെ ആരാധിക്കുന്നു അല്ലെങ്കിലോ സദ്ഗുരുവിനെ ആരാധിക്കുന്നു ഗുരുവായിട്ട് മുമ്പിൽ കാണപ്പെടുന്ന ഭഗവാനെ ആരാധിക്കുന്നു അങ്ങനെ ഗുരുവായി കണ്ട് ആരാധിച്ചാൽ അത് വളരെ വളരെ ഭാഗ്യം ഒരു ജീവൻമുക്തനോ ഒരു ജ്ഞാനിയോ ഒരു അവതാരപുരുഷന്റെയോ സമ്പർക്കം കിട്ടുമ്പോ ഇവർക്ക് ധ്യാനിക്കാനുള്ള കഷ്ടമൊന്നുമില്ല അപ്പോ ഉദ്ധവരോട് ഭഗവാൻ ഇപ്പൊ ഇവിടെ അവതാരപുരുഷനായ ഭഗവാൻ അവതാരം പൂർണ്ണമായ അവതാരം പൂർണാവതാര സ്വരൂപനായ ഭഗവാനോടാണോ ഉദ്ധവർക്ക് സഖ്യം കിട്ടിയത് അങ്ങനെയുള്ള ഉദ്ധവർക്ക് ഇപ്പൊ ഭഗവാൻ തന്നെ വിട്ടു പിരിയുന്നു എന്നൊരു തോന്നല് ഭഗവാൻ കൂടെ ഉള്ളപ്പോ ധ്യാനിക്കേണ്ട ആവശ്യമില്ല ജപിക്കേണ്ട ആവശ്യമില്ല ശാസ്ത്രം പഠിക്കേണ്ട ആവശ്യമില്ല പൂർണ്ണം ബ്രഹ്മയവ സാക്ഷാത് പൂർണമായ ബ്രഹ്മവസ്തുവിനെ മുമ്പിൽ കാണുന്ന പോലെ തോന്നുന്നു ആ സമയത്ത് ഇതൊന്നും വേണ്ട പക്ഷേ ആവിർഭവിക്കുന്നതൊക്കെ തിരോഭവിക്കും അത് നിയമമാണ് എന്തെങ്കിലും ഒന്ന് ആവിർഭവിച്ച് തിരോഭവിക്കാതിരിക്കില്ല രൂപമായിട്ട് എന്തൊക്കെ വരണോ അതൊക്കെ മറയും അപ്പൊ ഇവിടെ ഭഗവാൻ അവതരിച്ച പോലെ തന്നെ തിരോഭവിക്കാൻ പോകുന്നു ആ സമയത്ത് ഉദ്ധവർക്ക് ദുഃഖം अद्यमे अर्जुनोड़ भगवां परजानंति मं मूढ़ाहा मानुषीम तनु आश्रित मनुष्यशर कई चरत्र महात्मा चरत्र नोकिया का ജ്ഞാനികളായിട്ടുള്ളവരുടെയൊക്കെ കഥകൾ നിങ്ങൾ വായിച്ചു നോക്കൂ അവരുടെ ശിഷ്യന്മാരുടെ കഥകൾ നോക്കൂ അവരുള്ളത്തോളം കാലം അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും ഞങ്ങൾ ശരീരമല്ല ആത്മാവാണ് അതിനെ അറിയൂ പക്ഷെ ഈ ശിഷ്യന്മാര് ശരീരത്തിലെ ഒട്ടിനിക്കും കാരണം അത്രയധികം ആകർഷണമാണത് ആ ദിവ്യരൂപത്തിന് എന്നിട്ട് അവസാനം ആ ഗുരു പോകുമ്പോൾ ഗുരു അവിടുന്ന് മറയുമ്പോൾ ഞങ്ങളുടെ ഗുരു പോയി എന്ന് പറഞ്ഞ് കരയും അപ്പൊ ഗുരുവിനെ കുറിച്ചുള്ള ജനിക്കുന്ന ആളായിട്ടും മരിക്കണ ആളായിട്ടും അവസാനിക്കും പക്ഷേ ശരിക്കു ഗുരുഭക്തി ഉണ്ടെങ്കിൽ ആ ഭക്തി തന്നെ ഇവർക്ക് ജ്ഞാനത്തിനെയും കൊടുക്കും പ്രഥമസ്കന്ധത്തിലെ നമ്മൾ കണ്ടു അർജുനൻ കരയണത് കൃഷ്ണൻ നമ്മളെ ചതിച്ചു കൃഷ്ണൻ വിട്ടുപോയി സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങനെ കരയുവോ അതുപോലെ വഞ്ചിതോഹം മഹാരാജ ഹരിണ ബന്ധുരൂപിണ ഹരി നമ്മളെ ബന്ധുവായിട്ട് വഞ്ചിച്ചു നമ്മളെയൊക്കെ വിട്ടിട്ടു പോയി എന്ന് കരുതൂ കൃഷ്ണനെ അർജുനൻ അങ്ങനെ കരഞ് കരഞ്ഞി കർ കരഞ്ഞം ചിന്തയോ ജിഷ്ണോ കൃഷ്ണപാദസരോരുഹം സൗഹാർദേന അതിഗാഠേന ശാൻ തസീത് വിമലതിാസുദ്രി അനുധ്യാന പരിബൃംഹിതരംഹസാ ഭക്ത നിർമ്മിത ശേഷ കഷായണോർജുന ഗീതം ഭഗവത ജ്ഞാനം എത്തത്സംഗ്രാമമൂർധ കാലകർമ്മ തോരുദ്ധം പുനരധ്യഗമത് പ്രഭു കുരുക്ഷേത്രഭൂമിൽ ഭഗവാൻ ഉപദേശിച്ച ഭഗവത്ഗീത അർജുനന് ഹൃദയത്തിലും പ്രകാശിച്ചു കൊറേ കരഞ്ഞു കഴിഞ്ഞപ്പോ ആ കൃഷ്ണൻ ഈ മറഞ്ഞു പോയ രൂപമോ വന്നതോ പോയതോ ആയ രൂപമല്ല കൃഷ്ണൻ കൃഷ്ണൻ ആത്മാ എപ്പോഴും ഉണ്ട് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളത് അനുഭവത്തിൽ വന്നു ഇപ്പോ ഉദ്ധവർക്കും അതേ അവസ്ഥയാണ് ഭഗവാൻ നമ്മളെ വിട്ട് പിരിയാൻ പോകുന്നു ഭഗവാനെ പിരിഞ്ഞു ജീവിക്കാൻ വയ്യ അപ്പൊ ഭഗവാൻ പറഞ്ഞു ഉദ്ധവാം അങ്ങേക്ക് ഞാൻ ഏറ്റവും വലിയ അനുഗ്രഹം ചെയ്യാം ഒരു ഗുരുവിന് ചെയ്യാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്താണോ ബ്രഹ്മവിദ്യയെ കൊടുക്കല്ലോ ബാക്കിയൊക്കെ തുച്ഛം ചെറിയ ചെറിയ അനുഗ്രഹങ്ങൾ ലൗകിക അനുഗ്രഹങ്ങളൊക്കെ തുച്ഛം ഒരു നേരം ആഹാരം കൊടുത്താൽ കുറച്ചു നേരത്തേക്ക് വേറെന്നറിയും കഴിഞ്ഞാൽ പിന്നെയും വിശക്കും ബാക്കി ഒന്നും തന്നെ ഒരു ജീവനെ പരിപൂർണമായി ആശ്വസിപ്പിക്കില്ല ശാന്തി കിട്ടില്ല ശിഷ്യന് തന്നെ തന്നെ കൊടുക്കണം ആത്മാവിനെയോ കൊടുക്കണം അത് ഭഗവാനെ സാധിക്കുള്ളൂ അങ്ങനെയുള്ള ഭഗവാൻ ഉദ്ധവരോട് പറഞ്ഞു ഉദ്ധവാ ഇന്നക്ക് ഏഴാമത്തെ ദിവസം ദ്വാരകയെ സമുദ്രം വിഴുങ്ങും അതുകൊണ്ട് താങ്കൾ ഇവിടെ ഇരിക്കരുത് സർവവും ഉപേക്ഷിച്ച് പുറപ്പെടാം ആരോടും ഇനി അറ്റാച്ച്മെന്റ് അറുരുത് ഏയ് എന്റെ മുത്തശ്ശൻ ബന്ധുക്കള് ചെറിയച്ഛൻ വലിയച്ഛൻ മക്കളും ഉണ്ടല്ലോ അവരൊക്കെ അവിടെ ഇരിക്കട്ടെ അവരിരുന്നാലും ഇനി ഏഴു ദിവസമേ ഉണ്ടാവുള്ളൂ ഏഴാമത്തെ ദിവസം സംപ്ലവം എല്ലാം സപ്താഹം ഏഴാമത്തെ ദിവസം സംപ്ലവം അതുകൊണ്ട് ഉദ്ധവ ഇവരെയൊന്നും വിശ്വസിക്കരുത് ഇവരെയൊക്കെ വിശ്വസിച്ചാൽ ഇവരാരും ആത്യന്തികമായിട്ട് കൂടെ എല്ലാവരും വിട്ടുപോകും അതുകൊണ്ട് ഇവരൊക്കെ ദുഃഖിപ്പിക്കും ഇവരിൽ ആരിൽ ആസക്തിയെ വെച്ചാലും അവർ ദുഃഖിപ്പിക്കും താനായിട്ട് ഉപേക്ഷിച്ചിട്ടില്ലെങ്കിലും അവരൊക്കെ എന്തെങ്കിലും തന്നെ വിട്ടുപോകും അതുകൊണ്ട് ഇപ്പൊ വയസ്സായി കഴിഞ്ഞു ഇനിയും ഈ ആസക്തിയെ വെച്ചുകൊണ്ടിരുന്നാൽ എവിടെ സമാധാനം ഉണ്ടാവും ശാന്തി എങ്ങനെ ഉണ്ടാവും ഇത്രകാലം വേണം ലോക വ്യവഹാരത്തിന് ഇപ്പോ ഈ വാർദ്ധക്യദശയിലും ഇനിയും അവരൊക്കെ ഉണ്മയാണെന്ന് വിചാരിച്ചാൽ ദുഃഖിക്കേണ്ടി വരും മോഹത്തോ നരകേ ഗതിഹി ഗോകർണൻ പത്മപുരാണത്തിൽ ആത്മദേവനോട് പറഞ്ഞു മോഹിച്ചുപോയാൽ നരകത്തിൽ വീഴേണ്ടി വരും ആസക്തി കൊണ്ടാണ് മനുഷ്യൻ ദുഃഖിക്കുന്നത് അല്ലാതെ ബന്ധം കൊണ്ടല്ല ബന്ധുക്കൾക്ക് എന്തെങ്കിലും പറ്റിയാൽ ദുഃഖിക്കും നമ്മൾ വിചാരിക്കും നമ്മളുടെ ബന്ധുക്കളായതുകൊണ്ട് ദുഃഖം ബന്ധുക്കളായതുകൊണ്ട് അവർക്കും നമുക്കും തമ്മിൽ ഒരേ വയറൊന്നുമല്ല രണ്ടും രണ്ട് വയർ തന്നെ അവർ കഴിച്ചാൽ നമുക്ക് വയറെന്ന് അറിയില്ല നമ്മൾ കഴിച്ചാൽ അവർക്കും വയറെന്നറിയില്ല നമ്മളുടെ ബന്ധുക്കൾക്കും വേറെ എവിടെയോ ഉള്ള ഒരാൾക്കും ഒരു തമ്മിൽ ഒരു വ്യത്യാസവും കേവലം മനസ്സിന്റെ കൽപ്പന കൊണ്ട് മാത്രം ദുഃഖം അപ്പൊ ഈ ദുഃഖത്തിനെ ഉപേക്ഷിക്കണമെങ്കിൽ ഒരേ മാർഗമേ ഉള്ളൂ ഈ ആസക്തിയെ ഉള്ളുന്നു വിടണം എന്നാണ് ആസക്തി ഉള്ളുന്നു പോയാൽ ശാന്തി ഉണ്ടാവുള്ളൂ അതുകൊണ്ട് സർവഭൂതങ്ങളിലും സമഭാവം ആസക്തി പോയി വെച്ചാൽ വെറുപ്പ് എന്നല്ല അർത്ഥം എല്ലാവരോടും നമുക്ക് ഒരാളോടോ രണ്ടുപേരോടോ ഉള്ള സ്നേഹത്തിന് അങ്ങനെ വിരിച്ച് വികസിപ്പിച്ച് സർവപ്രാണികളോട് ആക്കി തീർക്കാം പ്രത്യേകിച്ചൊരാളോട് സ്നേഹം എന്നല്ല സർവപ്രാണികളോ സമദർശിത്വം സർവഭൂതസുഹൃത്ത് ഭഗവാൻ പറഞ്ഞത് ഉദ്ധവാ എല്ലാരെയും വെറുക്കൂ ആരോടും ആസക്തി വേണ്ട അങ്ങനെ ഉപേക്ഷി ഉപദേശിച്ചില്ല ഭഗവാൻ പറഞ്ഞത് സർവഭൂതസുഹൃത്ത് ശാന്ത ജ്ഞാനവിജ്ഞാന നിശ്ചയ പശ്യൻ മതാത്മകം വിശ്വം ന വിപദ്തവൈ പുനഃ സർവഭൂതങ്ങൾക്കും സുഹൃത്തായിട്ട് തീരും ഇനി ഒരു പ്രാണിയേയും ഒരു കാരണവശാലും ദ്രോഹിക്കരുത് സർവഭൂത സുഹൃത്ത് അപ്പൊ ശാന്തി ശാന്തി ഉണ്ടാവും രാഗദ്വേഷം ഉള്ളുന്നു പോയാൽ ശാന്തി ഉണ്ടാവും എന്നിട്ട് ആ അദ്വൈത ബോധം ഉള്ളിൽ ഉണ്ടായാൽ സുഖം തണുപ്പ് ചൂടോ ഒക്കെ സമമായിട്ട് തീരും അങ്ങനെ സഞ്ചരിക്കൂ അതിനെയാണ് ഭട്ടത്തിരി ഒറ്റ ശ്ലോകത്തിൽ ചുരുക്കിയത് ബന്ധുസ്നേഹം വിജഹ്യം തവ ഹി കരുണയാ ്യിുപാവേശ്മാ്യക്േയം സകലമപത് വീക്ഷ്യമായാസം നാത്തിജനിയത് സതി ഗുണദോഷാവബോധേ വിധി വ്യാസേഥോവാ കഥം തൗ ത്യി ീതവൈഷമ്യബുദ്ധേ ബന്ധുസ്നേഹം വിജഹ്യം തവ ഹി കരുണയാ ത്യി ഉപാവേശിതാത്മാ ഭഗവാനെ അവിടുത്തെ കരുണകൊണ്ട് കൃപകൊണ്ട് ബന്ധുക്കളോടുള്ള യാസക്തിയെ ഉപേക്ഷിക്കണം സർവം തൃക്വാ ചരേയം സകലമപി ജഗദ്വീക്ഷ്യമായാവിലാസം ബാക്കിയുള്ളതൊക്കെ ഉപേക്ഷി ഉപേക്ഷിക്കുക എന്ന് എങ്ങനെ ഉപേക്ഷിക്കും എന്തിനു ഉപേക്ഷിക്കും ശരീരത്തിന് ഉപേക്ഷിക്കാൻ പറ്റുമോ ഊണ് കഴിക്കണത് ഉപേക്ഷിക്കാൻ പറ്റുമോ ശ്വാസമെടുക്കണത് ഉപേക്ഷിക്കാൻ പറ്റുമോ അപ്പൊ ഉപേക്ഷിക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം എന്ന് വെച്ചാൽ മായാവിലാസം നാമരൂപത്തോടുകൂടെ പ്രപഞ്ചത്തിൽ കാണപ്പെടുന്ന സകല പൊരുളും പൊരുളുകളൊക്കെ തന്നെ ആത്മാവൊഴിച്ചുള്ള പൊരുളുകളൊക്കെ തന്നെ മായയാണ് മായ എന്ന് വെച്ചാൽ എന്താ ഇപ്പൊ ഉള്ള പോലെ തോന്നുന്നു കുറച്ചു കഴിഞ്ഞാൽ മറഞ്ഞു പോകും ഇന്ന് വൈകുന്നേരമായ ഒന്നും കാണില്ലേ ഇവിടെ എത്ര എണ്ണമുണ്ടല്ലോ വൈകുന്നേരമായോ ഒന്നും കാണില്ല അതാണ് മായ സർവം അഭി മായാവിലാസം ഇതറിഞ്ഞാലോ ഒന്നും നിർബന്ധമേ ഉണ്ടാവില്ല വരുമ്പോഴേ അറിയും പോകും എന്നറിയും അല്ലെ വരുമ്പോഴേ നല്ലവണ്ണം അറിയാം പോകും എന്നറിയാം അപ്പോൾ വിഷമിക്കില്ല വരുമ്പോ ഇത് ശാശ്വതമാണെന്ന് വിചാരിച്ചാലോ ദുഃഖിക്കേണ്ടി വരും അപ്പൊ സർവമപഭി ജഗദ്വിക്ഷ്യമായ വിലാസം ഇത് മായാവിലാസമാണ് മായക്ക് എന്താ ലക്ഷണം നാനാത്വം ഭ്രാന്തിജന്യം ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണപ്പെടുന്നതാണ് നാനാത്വം അനേകമായിട്ട് കാണുന്നത് ഇതൊക്കെ എവിടുന്ന് വന്നു എന്നറിയില്ല എങ്ങോട്ട് പോണു എന്നറിയില്ല ഒക്കെ വരണു പോ വിദ്യാരണ്യസ്വാമികൾ പറഞ്ഞു മാജിക് ഷോവിനേക്കാളും വലിയൊരു മാജിക് ഷോ ലോകത്തിലെ മാജിക് ഒന്നും പഠിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മളുടെ ദൈനംദിന ജീവിതത്തിൽ മാജിക്ക് കണ്ടുകൊണ്ടേയിരിക്കണു ഒന്നുമില്ലാതെ ഒരു അന്നത്തിന്റെ കണത്ത് നിന്ന് ഗർഭം ധരിച്ച് പുറത്തു വരുന്നു പുറത്തു വന്ന് കയ്യും കാലും തലയുമൊക്കെ ആയി കൂടെ പുറത്തു വന്ന് അത് വളർന്നു വലുതായി ലോകത്തിൽ എന്തൊക്കെ കാണിക്കുന്നു ഇതിനേക്കാളും വലിയ വലിയ ഇന്ദ്രജാലം കിം ഇന്ദ്രജാലം അപരം ഒരു വർഷം മുമ്പ് ഇല്ലാത്തത് ഒരു വർഷത്തിനിടയിൽ വന്നു വളർന്നു വലുതായി ലോകത്തിൽ പല വിക്രിയകളും കാണിച്ചു തന്നിട്ട് എങ്ങോട്ട് പോയി എന്നിറങ്ങി എവിടെ നിന്ന് വന്നു എന്നും അറിയില്ല എങ്ങോട്ട് പോയി എന്നും അറിയില്ല മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനു വൃധാനം ഇവിടെ അപ്പോ ഇതാണ് മായാവിലാസം ഗുണം ദോഷം ഇതൊക്കെ പൊന്തി വരണത് ആ മായയിൽ നിന്നൊക്കെ ഭഗവാനെ അവിടുന്ന് രക്ഷിക്കണം ഭഗവാന്റെ ഉപദേശത്തിനെയൊക്കെ ഭട്ടതിരി ഇവിടെ പ്രാർത്ഥനയാക്കി തീർത്തു ഇത് രക്ഷപ്പെടാൻ എന്താ വഴി ഈ മായയിൽ നിന്ന് എപ്പോ രക്ഷപ്പെടാം എന്ന് വെച്ചാൽ ഇരുട്ടിന്ന് എങ്ങനെ രക്ഷപ്പെടാം ആയിരം വർഷമായി ഒരു മുറിയിൽ ഇരുട്ട് ആ നാട്ടിലുള്ളവർക്ക് ഇരുട്ടിനെ എങ്ങനെ ഇല്ലാതാക്കണം അറിയില്ല അപ്പൊ അവര് ആ ഗ്രാമത്തിലേ ഉള്ള പലരോടും ചോദിച്ചു ഒരാൾ പറഞ്ഞു ഇരുട്ടിനെ പൂജ ചെയ്യണം എന്നാൽ ഇരുട്ട് പോകുന്നു ഇരുട്ട് സഹസ്രനാമം ജപിച്ച് അർച്ചന ചെയ്താൽ ഇരുട്ട് അവിടെ നിന്ന് പോകും അപ്പൊ ഇരുട്ടിനെ കുറെ പൂജ ചെയ്ത് നോക്കി അപ്പൊ ഇരുട്ടുപോയില്ല വേറെ ഒരാള് പറഞ്ഞു ഇരുട്ടിനെ കല്ലെടുത്തെറിയണം അപ്പോഴേ ഇരുട്ട് പോലുള്ളൂ കൊറേ കല്ലെടുത്തെറിഞ്ഞു അപ്പോഴേ ഇരുട്ടുപോയില്ല ഇരുട്ടിനെ ആവാഹിച്ചു കൊണ്ട് പുറത്തു കൊണ്ട് കളയണം എന്ന് വേറെ ചിലർ പറഞ്ഞു ഇരുട്ടിനെ ആവാഹിച്ചു നോക്കി ഇരുട്ടുപോയില്ല വേറെ ഒരാള് പറഞ്ഞു ഇരുട്ടേ പോകൂ എന്ന് പറഞ്ഞു ഒരു മന്ത്രം ജപിച്ച് നൂറ്റിയെട്ട് പ്രാവശ്യം നമസ്കാരം നൂറ്റിയെട്ട് ദിവസം ചെയ്താ പോകും അതും ചെയ്ത് നോക്കി അപ്പോഴും ഇരുട്ട് പോയില്ല വേറെ ഒരാള് പുറത്തുനിന്ന് വന്ന ആള് പറഞ്ഞു ഈ എന്തിനാ ഇത്ര മെനക്കിടന്നത് ഒരു പന്തം തീ പന്തം കൊണ്ടുവരും ഞാൻ ഇരുട്ടിനെ കളഞ്ഞു തരാം എന്ന് പറഞ്ഞ് വിളക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടാൽ നാട്ടുകാരോട് പറഞ്ഞു ഇതും കൊണ്ട് ആ മുറിയിൽ ഇരുട്ട് എവിടെയാ ഉള്ളതോന്ന് നോക്കൂ അയ്യോ ഞങ്ങൾക്ക് പേടിയാവണോ അതിനകത്ത് പോയാൽ പിടിച്ചാലോ ഇല്ലാത്ത സാധനത്തിനെയാണ് പേടി അവസാനം വിളക്കും കൊണ്ട് ഉള്ളിൽ പോയപ്പോ ആയിരക്കണക്കിന് വർഷമായിട്ടുള്ള ഇരുട്ട് അരസെക്കൻഡ് കൊണ്ട് പോകും ക്ഷണം കൊണ്ട് പോകും അപ്പൊ തന്നെ പോയി അപ്പൊ ഇരുട്ട് കളയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ ഞാനും ആ ജ്ഞാനം എവിടുന്നുണ്ടാവും ഭഗവത് കൃപ കൊണ്ട് സദ്ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്നും ഉണ്ടാവണം ഗുരുവിന്റെ ഉപദേശത്തിൽ നിന്നും ഉണ്ടാവണം ഗുരു ആരാണോ വാസ്തവത്തിൽ ഭഗവാൻ തന്നെ ഗുരുവായിട്ട് ഉപദേശിക്കണം അപ്പൊ ഗുരുവിനെ എവിടെ കിട്ടും കൃപയുണ്ടെങ്കിൽ എവിടെയും കിട്ടും ത്വത് കാരുണ്യേ കൈവനഹി ഗുരുഹൂ ോകവൃത്തെ ഭൂമൻ സർവാക്രാന്തൂമി നി ചലതി തഥ സക്ഷമായും അല്ലെങ്കിൽ മഹാത്മാക്കളെ കണ്ടാ പോലും നമുക്ക് ഗുരു തോന്നില്ല കൃപയുണ്ടെങ്കിൽ ഈ ഇപ്പൊ പറയാൻ പോണ അവധൂതനെ മാതിരി മരത്തിൽ നിന്നും ജലത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും അഗ്നിയിൽ നിന്നും ആകാശത്തിൽ നിന്നും ഒരു കുലടയിൽ നിന്ന് പോലും തത്വം പഠിക്കാം പക്ഷെ കൃപയില്ലെങ്കിലോ സാക്ഷാത് ഭഗവാനെ ഗുരുവായി മുമ്പിൽ വന്നാലും മനസ്സിലാവില്ല അതാണ് ആശ്ചര്യം കാണാനേ സാധിക്കില്ല നമ്മള് അവരിലുള്ള ദൂഷ്യം മാത്രം കാണും പ്രത്യേകിച്ച് മനുഷ്യ ശരീരത്തിലുള്ള ഗുരുവാണെങ്കിൽ നമ്മൾ എളുപ്പത്തിൽ പറ്റിക്കപ്പെടും അവരങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു നമുക്ക് ചില ഭാവനകളൊക്കെ ഉണ്ടാവും ഗുരു വെച്ചാൽ ശ്വാസം വിടാൻ പാടില്ല േറ്റ് നിൽക്കാൻ പാടില്ല നടക്കാൻ പാടില്ല ഉണ്ടാകാൻ പാടില്ല ഉറങ്ങാൻ അതിനൊക്കെ പറ്റിയത് അമ്പലത്തിലെ സ്വാമി മാത്രം അദ്ദേഹം ഒന്നും ചെയ്യില്ല നമ്മൾ വിചാരിക്കാൻ ഒന്നും ചെയ്യ തിരുവണ്ണാമലെ അടുത്ത കാലത്ത് വരെ ഒരു മഹാത്മാവ് അദ്ദേഹം ഒരു യോഗിയായിരുന്നു രാംസൂരത് കുമാർ രാമനാമം ജപിച്ചുകൊണ്ടേ നടക്കും അരുണാചലേശ്വര കോവിലൊക്കെ പത്ത് നാൽപ്പത് വർഷമായി ഭിക്ഷ എടുത്തുകൊണ്ട് രാമനാമം ജപിച്ചുകൊണ്ട് അദ്ദേഹം സമാധിയായിട്ട് രണ്ടു വർഷമേ ആയിട്ടുള്ളൂ അപ്പോ എനിക്ക് പരിചയമുള്ള ഒരു മഹാത്മാവ് അദ്ദേഹത്തിന് അറിയുന്ന ചിലരെയൊക്കെ ഈ യോഗിയെ കാണാനായിട്ട് പറഞ്ഞു ഇവരദ്ദേഹത്തിനെ കാണാൻ പോയപ്പോ അദ്ദേഹം ഇവരുടെ മുമ്പിൽ തന്നെ ബീഡി വലിച്ചുകൊണ്ടിരിക്കുകയാണ് സദാ രാമനാമം ജപിച്ചുകൊണ്ടിരിക്കും നമുക്ക് ബീഡി വലിക്കൽ സിഗരറ്റ് വലിക്കൽ ഇതൊക്കെ കണ്ട അപ്പ പോവും ദൂഷ്യമാണെങ്കിലും മനുഷ്യ ശരീരമുള്ളതോടെ എന്തെങ്കിലും ഒരു ദൂഷ്യം ഉണ്ടാവേ ചിലർ പൊടി വലിക്കും ചിലർ വെറ്റലയിടും രാമകൃഷ്ണ പരമോംസരം എല്ലാം മുറുക്കും അദ്ദേഹവും ഉണ്ടായിരുന്നു ചൂട് പിടിക്കാനായിട്ട് ചില ദക്ഷിണ ഇന്ത്യയിലൊക്കെ പോയാൽ കാണാൻ സന്യാസികൾ ഹുക്ക വലിക്കുന്നതൊക്കെ നമുക്കിവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്കത് യോജിക്കാൻ പറ്റില്ല കണ്ടാൽ തന്നെ നമുക്കിഷ്ടാവില്ല അതുപോലെ വസ്ത്രം ഉടുത്തിട്ട് പൂജ ചെയ്യും ചെരുപ്പിട്ടിട്ട് പൂജ ചെയ്യും ഹിമാലയത്തിലൊക്കെ പോയാൽ നമ്മളുടെ ആചാരത്തിനനുസരിച്ച് നോക്കിയാൽ നമുക്കിഷ്ടാവില്ല ഇദ്ദേഹം വീടി വലിച്ചുകൊണ്ടിരിക്കുന്നു അവര് പോയ വഴിക്കേ തിരിച്ചു വന്നു തിരിച്ചു വന്ന് ഈ പറഞ്ഞയച്ച സ്വാമിയോട് വന്ന് പറഞ്ഞു സ്വാമി നിങ്ങൾ വലിയ ജ്ഞാനിയാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ കാണാനയച്ചു അദ്ദേഹം അവിടെ പോകുമ്പോ ബീഡി വലിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങള് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ ആ തിരിച്ചു വന്നു ഈ സ്വാമി പറഞ്ഞു കഷ്ടം ജ്ഞാനിയെ നോക്കിയിട്ട് വരാൻ പറഞ്ഞിട്ട് നിങ്ങൾ പോയി ബീഡിയെ നോക്കിയിട്ട് വന്നിരിക്കണം അതിവിടെ കാണാമായിരുന്നുവല്ലോ അതിന് ഇത്ര ദൂരം പോണം അതിന് ഇത്ര ദൂരം പോണോ അതിവിടെ തന്നെ നാട്ടിൽ എവിടെയെങ്കിലുമൊക്കെ കാണായിരുന്നു അവരുടെ ശരീരത്തിനെ മാത്രം കണ്ടിട്ട് വന്നു അതാണ് ശരീരം എന്ത് ചെയ്യണമെന്ന് മാത്രം കണ്ട് ദൗർബല്യത്തിനെ മാത്രം കണ്ടിട്ട് വന്നു ശരീരമുള്ളത്തോളം അപ്പൊ അങ്ങനെ ആവുമ്പോ അതാണ് ശ്രീകൃഷ്ണനെ കണ്ടാലും നമ്മളൊന്നും വിശ്വസിച്ചു ഇപ്പൊ കൃഷ്ണാ കൃഷ്ണാന്ന് വിളിക്കണമെന്നല്ലാതെ കൃഷ്ണാവതാര കാലത്ത് അയ്യേ സ്ത്രീകളുടെ കൂടെ ആടി കളിക്ക വർത്തമാനം പറയുക പതിനാറായിരത്തെട്ട് കല്യാണം തിരിഞ്ഞ് മലയാളികൾ ആരും നിശ്ചയം തിരിഞ്ഞു നോക്കില്ല ഇപ്പൊ നമ്മൾ ഗുരുവായൂരപ്പം നോക്കി പറയണമെന്നല്ലാതെ നമ്മളുടെ അളവ് പോലെ വെച്ച് നോക്കിയാൽ ചിലപ്പോ ഗുരു എന്ന് സമീപിക്കാൻ പറ്റില്ല എന്തെങ്കിലുമൊക്കെ കണ്ടാമെന്ന് കുഴപ്പമില്ലാട്ടോ അങ്ങനെയൊക്കെ കണ്ടീഷൻ വെച്ചാലും നോക്കണം നമ്മള് അങ്ങനെയൊക്കെ ഇരിക്കട്ടെ അതൊരു വിധത്തിൽ നല്ലതാണ് എങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഉപാധി നന്നാവും പെർഫെക്ഷൻ തെറിഞ്ഞാൽ പക്ഷേ നമുക്ക് തീവ്രമായിട്ട് ആ അവസ്ഥയിലും ഗുരുവിനെ വേണമെന്നുണ്ടെങ്കിൽ സർവേശ്വരൻ പരിപൂർണമായിട്ടുള്ള പെർഫെക്ഷനോടുകൂടെ തന്നെ നമ്മളുടെ മുമ്പിൽ വരും നമ്മൾ എന്തൊക്കെ പ്രതീക്ഷിക്കണമോ ഒരു ഗുരുവിൽ അതായത് ഒരു ശിഷ്യൻ ഗുരുവിനെ മനസ്സിലാക്കണം എന്നില്ല ശിഷ്യനനുസരിച്ച് വന്ന് നിന്ന് അനുഗ്രഹം ചെയ്യണതാണ് ഭഗവാന്റെ കൃപ അപ്പൊ അതുകൊണ്ട് നമ്മൾക്ക് എന്തൊക്കെ പെർഫെക്ഷൻ നമ്മൾ ഗുരുവിൽ പ്രതീക്ഷിക്കണമോ അതൊന്നും കുറയ്ക്കേ വേണ്ട മെച്ചമുള്ള ആ പൂർണ്ണത്വമൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരുന്നാൽ പോലും തീവ്രമായി സദ്ഗുരുവിനെ കിട്ടണം എന്ന് ആശിക്കുന്നവർ ഗുരുവിനെ കിട്ടണം എന്ന് ആശിക്കാൻ പാടില്ല ഭഗവാനെ കിട്ടണം അല്ലാതെ ഗുരുവിനെ കിട്ടണമെന്ന് ആശിച്ചാൽ കുഴപ്പം പറ്റും ഭഗവാനെ കിട്ടണം എന്നാശിച്ചാൽ ആത്മസാക്ഷാത്കാരത്തിനായി കൊതിച്ചാൽ സർവേശ്വരൻ നമ്മളുടെ യോഗ്യതയ്ക്കനുസരിച്ചുള്ള ഒരു സദ്ഗുരുവിന്റെ അടുത്തേക്ക് നമ്മളെ എത്തിക്കും അങ്ങനെയാണ് ഈ അവതൂതന് 24 ഗുരുക്കന്മാർ എന്നാണ് അദ്ദേഹത്തിന്റെ ചിത്രം തികച്ചും ശുദ്ധമായിരുന്നു അതുകൊണ്ട് ജഗത്തും മുഴുവൻ ഗുരു ശ്രീകൃഷ്ണ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥയാണേ അദ്ദേഹത്തിന്റെ മുതുമുതുമുത്തശ്ശനായി യദുമഹാരാജാവിന്റെ കഥ യദുമഹാരാജാവും ദത്താത്രേയ മഹർഷിയും തമ്മിൽ നടന്ന ഒരു വർത്തമാനം ഒരു സംവാദം ആ സംവാദത്തിൽ ദത്താത്രേയനോട് യദുമഹാരാജാവ് ചോദിക്കുന്ന ചോദ്യവും അദ്ദേഹം പറയുന്ന ഉത്തരവുമാണ് ഉദ്ധവഗീതയുടെ ആരംഭം എന്താന്ന് വെച്ചാൽ ഈ ദത്താത്രേയന് അടുത്ത നേരത്തെ വസ്ത്രം ഉടുക്കാൻ വസ്ത്രമില്ല കഴിക്കാൻ ആഹാരമില്ല സന്തോഷമായിട്ടിരിക്കണം ആനന്ദമായിട്ടിരിക്കും യതു മഹാരാജാവിന് സർവസമ്പദ് സമൃദ്ധി എല്ലാം ഉണ്ട് ഉണ്ടായിരുന്നിട്ടും രാജാവിന് ആനന്ദമില്ല സന്തോഷമില്ല തൃപ്തിയില്ല അങ്ങനെയാണ് രാജാവ് അവധൂതനോട് ചോദിക്കുന്നത് അങ്ങയുടെ ആനന്ദത്തിന്റെ ഉറവിടം എവിടെയാണ് നിങ്ങൾ എങ്ങനെ ഇത്ര സന്തോഷമായിട്ടിരിക്കണോ എനിക്കിത്ര കണ്ട് സന്തോഷം ഇല്ലല്ലോ ബ്രൂഹി ആനന്ദകാരണം അങ്ങയുടെ ആനന്ദത്തിനൊരു കാരണം എന്താണ് എന്തുകൊണ്ടാണ് അങ് ഇത്ര സന്തോഷമായിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളത് ആത്മാവിന്റെ സ്വരൂപമാണ് അത് നമ്മളുടെ സ്വരൂപമാണോ സ്വഭാവമാണ് അപ്പൊ സന്തോഷമായിരിക്കുന്നതിൽ വല്ല തെറ്റുണ്ടോ ആകെപാട് തെറ്റില്ലാത്ത ഒരേ ഒരു കാര്യമേ ഉള്ളൂ സന്തോഷമായിരിക്കണത് തെറ്റുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ ദുഃഖിക്കുക എന്നുള്ളത് അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാളുടെ അടുത്ത് പോയി നിങ്ങൾ എന്താ സന്തോഷമായിട്ടിരിക്കണെന്ന് ചോദിച്ചാൽ ശരിയായ ചോദ്യമല്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല ഒരാളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ എന്താ ആരോഗ്യമായിട്ടിരിക്കണത് നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് ഒന്നും വരികയല്ലേ നിങ്ങൾക്ക് എപ്പ ക്യാൻസർ വരും എന്നൊക്കെ ചോദിച്ചാൽ അടിവൊള്ളും അപ്പൊ അത് ഏറ്റവും തെറ്റായ ചോദ്യം പക്ഷേ രാജാവ് അങ്ങനെയാ ചോദിക്കുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഇത്ര സന്തോഷമായിട്ടിരിക്കണോന്ന് എനിക്ക് എന്തുകൊണ്ട് ആ സന്തോഷം കിട്ടിയില്ല ഈ ആനന്ദം എന്തുകൊണ്ട് എനിക്ക് കിട്ടണില്ല ആനന്ദം സുഖമൊക്കെ കിട്ടണണ്ട് സുഖ സൗകര്യങ്ങളുണ്ട് നല്ല കിടക്ക ഉണ്ട് വീശിത്തരാൻ രണ്ടുപേരെ അടുത്തുനിന്ന് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും കാല് പിടിച്ച് തരാൻ ആളുണ്ട് ആ കിടക്കയിൽ കിടന്നാൽ ഭാഷയ്യ എന്നാണ് സമുദ്രത്തിന്റെ അലപോലെ ഇങ്ങനെങ്ങനെങ്ങനെങ്ങനെ പോകും അത്രേ ആ കിടക്ക കണ്ടാ കിടക്കണമെന്ന് തോന്നും പക്ഷെ കിടന്നാ ഉറക്കം വരില്ല ഉറക്കത്തിന് എവിടെ പോകും കിടക്കൊക്കെ ഉണ്ടാക്കാം ഉറക്കത്തിന് എവിടെ പോരും അനേക വിഭവങ്ങൾ ഉണ്ടാക്കാം ആഹാരം ഉണ്ടാക്കാം വിശപ്പിനെവിടെ പോകും മരുന്നുകളൊക്കെ കണ്ടുപിടിക്കാം പക്ഷെ വ്യാധി മാറുമെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ അപ്പൊ സുഖസൗകര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഉണ്ടായിരുന്നിട്ടും രാജാവിന് ശാന്തി ഇല്ല സമാധാനമില്ല സമാധാനമില്ലാരുണ്യേ പ്രവൃത്തെ കൈവന ഹി ഗുരുഹൂ ലോകവൃത്തെ വിഭൂമൻ സർവാകി ഭൂമി നി ചലതി തിക്ഷേയ ഗൃണ്ണീയാമ ഈശ തഷയപരിചയേ പി അപ്രസക്തി സമീരാത് വ്യാത്തവത്മനോ മേ ഗഗനഗുരുവതു നിർലപത ച ഭഗവാന്റെ കാരുണ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ പലരും നമുക്ക് തത്വം ചൊല്ലിത്തരും ഈ അവധൂതൻ ആദ്യമായി തത്വം പഠിച്ചത് ഭൂമിയിൽ നിന്നാണ് സർവാക്രാന്താ ഭൂമി എത്ര കണ്ട് വിഷമിപ്പിച്ചാലും ഭൂമിയെ എത്ര കണ്ട് ദ്രോഹിച്ചാലും ഭൂമി ചലിക്കുന്നില്ല ആ ഭൂമിയിൽ നിന്ന് ക്ഷമയെ ഞാൻ പഠിക്കണം ക്ഷമാ ശിക്ഷ ക്ഷമ എന്നുള്ള ഒരു തപസ് സുഖമുണ്ടാവട്ടെ ദുഃഖമുണ്ടാവട്ടെ എന്തൊക്കെ വരുമ്പോഴും വൈഷമ്യങ്ങൾ വരുമ്പോഴും വിഷമിക്കാതെ സഹിക്ക വിലപിക്കാതെ സഹിക്കുക ആരോടും കംപ്ലയിന്റ് പറയാതെ സഹിക്ക അതിനാണ് തിദിക്ഷ എന്ന് വേദാന്തികൾ പറയുക തിദിക്ഷ ആരോട് കംപ്ലയിന്റ് പറയാതെ അതിനെ സഹിക്കാം സഹനം സർവ്വ അപ്രതീകാരപൂർവകം പ്രതീകാരമില്ല ചിന്താവിലാപരഹിതം അതിനെക്കുറിച്ച് ചിന്തിക്കണില്ല വിലപിക്കണില്ല അങ്ങനെ സഹിക്കുന്നതിന് തിരിക്ഷാനിക പുറത്തു പറയാതെ സഹിച്ചോളാണ് സമാ ശിക്ഷമായണത്തിൽ ശ്രീരാമചന്ദ്രനും ക്ഷമയാ പൃഥ്വീ സമഹ ക്ഷമയ്ക്ക് ക്ഷമയിൽ ഭൂമിക്ക് തുല്യൻ എന്ന് പറഞ്ഞു ഭഗവാന് വായു വായുവിൽ നിന്ന് പഠിച്ച പാഠം വായു സർവത്ര വീശിക്കൊണ്ടിരിക്കുന്നു പക്ഷെ ഒന്നുകൊണ്ടും ഒരിടത്ത് സുഗന്ധം എടുത്തുകൊണ്ടുപോവും ആ സുഗന്ധത്തിനെ അവിടെ വിടും ദുർഗന്ധം എടുത്തുകൊണ്ട് പോവും ദുർഗന്ധത്തിനെ അവിടെ വിടും യാതൊന്നിനോടും ആസക്തിയില്ല അതുപോലെ വായുവിനെ പോലെ ഇരിക്കണം എത്ര കാര്യങ്ങളിൽ ഇടപെട്ടാലും എന്തിലൊക്കെ പ്രവർത്തിച്ചാലും അതൊന്നും നമ്മളെ ബാധിക്കാതെ നോക്കിക്കൊള്ളണം കണ്ണാടിയെ പോലെ ഇരിക്കണം എന്നാണ് വാശിഷ്ടം പറ കണ്ണാടിയുടെ മുമ്പിൽ ഒരാൾ നിന്നാൽ നന്നായിട്ട് പ്രതിബിംബിക്കും വ്യക്തമായിട്ട് പക്ഷെ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അയാൾ മാറിയാൽ കണ്ണാടിയിലൊരു മാർക്ക് പോലും ഉണ്ടാവില്ലേ അയാളുടെ അല്ലേ അതേപോലെ എത്ര തന്നെ വ്യവഹരിച്ചാലും എന്തൊക്കെ പ്രവർത്തിച്ചാലും അതൊന്നും ഉള്ളിലെ ഒരു വികാരത്തിനെയും അവശേഷിപ്പിക്കണില്ലേ ിക്കണില്ല അങ്ങനെ വായുവിനെ പോലെ എത്രയൊക്കെ തന്നെ എവിടെയൊക്കെ സഞ്ചരിച്ചാലും യാതൊന്നും ഉള്ളിൽ ബാധിക്കുന്നില്ല വായുവത്ത് വായുവിനെ പോലെ ഗൃഹീയാമി ഈശദത്തദ്പ്തത്വം ഗുരുവശാ നിർലേ ആകാശത്ത് നിന്ന് എന്തു പഠിച്ചു എന്ന് വെച്ചാൽ സർവവ്യാപിയാണ് ആകാശം സർവവ്യാപി എല്ലായിടത്തും വ്യാപിച്ചു പരന്നു നിക്കുന്നു ആത്മാ ഇതുപോലെ സർവവ്യാപിയാണ് ആത്മാ എല്ലാത്തിന്റെയും ഉള്ളിലും പുറത്തും ആകാശം പോലെ ആകാശവത് നിർമ്മല നിർവികൽപ്പം നിസ്സീമ നിസ്പന്ദന നിർവികാരം അന്തർബിശൂന്യം അനന്യം അദ്വയം സ്വയം പരം ബ്രഹ്മ കിമസ്തി ബോധ്യം ആകാശവൻ നിർമ്മല നിർവികൽപ്പം നിസ്പന്ദന നിർവികാരം അതിന് സീമയില്ല അന്തർ ബഹിശൂന്യം ഉള്ള് പുറം ഒന്നുമില്ല അനന്യം ആകാശത്തിൽ ആകാശമല്ലാതെ വേറെ ഒന്നുമില്ല അദ്വയം രണ്ടില്ല അതുപോലെയാണ് ബ്രഹ്മം അതുപോലെയാണ് ഈശ്വരൻ ആകാശം പോലെ ഭഗവാൻ സർവത്ര വ്യാപിച്ചു ആകാശം പോലെ ആത്മാർവത്ര വ്യാപിച്ചു നിൽക്കണു എന്നുള്ള തത്വം ഒരു ഉപമയായിട്ട് ആകാശത്തിനെടുത്തു എന്നാണ് ആകാശമല്ലാതെ നമുക്കൊന്നും വേറെ അറിയാനില്ല അതാണ് ഗഗന സദൃശം എന്ന് ഭഗവാനെ കുറിച്ച് പറഞ്ഞത് ഗഗന സദൃശം ഗഗനെന്നു വെച്ചാൽ ആകാശം ആകാശം പോലെ എങ്ങും വ്യാപിച്ചു നിൽക്കണത്തവനെ അറിഞ്ഞാൽ നമ്മളുടെ ചിത്തവും ആകാശം പോലെ വ്യാപിക്കും മനസ്സും ആകാശം പോലെ വ്യാപിക്കും ആകാശത്തിൽ ഇരുട്ടും വെളിച്ചവും വന്നിട്ട് പോലെ പോകുന്ന പോലെ ആകാശത്തിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഒക്കെ വന്നിട്ട് പോകുന്ന പോലെ ഉള്ളില് പല വിചാരങ്ങളും വികാരങ്ങളും വിഷയങ്ങളും ഒക്കെ വന്നിട്ട് പോണു പക്ഷെ ആകാശത്തിനെ ഇതൊന്നും സ്പർശിക്കാത്ത പോലെ ആത്മാവനെയും ഇതൊന്നും സ്പർശിക്കണില്ല എന്ന് നല്ല ഉറപ്പുണ്ടെങ്കിൽ സ്പർശിക്കില്ല നല്ല ഉറപ്പ് ആർക്കുണ്ടോ അവർക്ക് സ്പർശിക്കില്ല ചിതാകാശം ഭൂതാകാശം ചിത്താകാശം എന്ന് മൂന്നെണ്ണം ഉണ്ട് ീ കാണുന്നത് പുറമേക്ക് കാണുന്നത് ഭൂതാകാശം ഉള്ളിലെ ചിത്തവൃത്തികൾ കൊണ്ട് വ്യാപ്തമായിട്ടിരിക്കുന്നത് ചിത്താകാശം ഈ ഭൂതാകാശവും ചിത്താകാശവും മാറിക്കിട്ടിയാൽ ഉള്ളിൽ അനുഭവപ്പെടുന്നതാണ് ചിതാകാശം ചിതാകാശത്തിൽ സദാ ആത്മാ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ബോധസൂര്യൻ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു ഹൃദാകാശേ ചിദാദിത്യ സദാ ഭാതി നിരന്തരം ഉദയാസ്തമയോസ്തഹ കഥം സന്ധ്യമുസ്മഹേന ഹൃദയമാവുന്ന ആകാശത്തിൽ ബോധമാവുന്ന സൂര്യൻ സദാ പ്രകാശിച്ചുകൊണ്ടിരിക്കണു ഉദിക്കണൂല്ല അസ്തമിക്കണമില്ല അവിടെ സന്ധ്യയൊന്നുമില്ല അത്രയുണ്ട് രാവൂ ഇല്ല നമ്മുടെ കാക്കശ്ശേരി ഭട്ടവരി പറഞ്ഞത് ഈ ശ്ലോകം ഉദ്ധരിച്ചു എന്നാണ് ഭട്ടവരി സന്ധ്യവാന്തരം കഴിക്കാതിരിക്കണത് കണ്ടപ്പോ ചില ബ്രാഹ്മണര് ചോദിച്ചു എന്താ ബട്ടേരി സന്ധ്യാവന്തനം കഴിക്കണില്ലെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു ഒന്നില് രാവിലെ ഒരു സന്ധ്യയുണ്ട് വൈകിട്ടൊരു സന്ധ്യയുണ്ട് പ്രാതസന്ധ്യ സായം സന്ധ്യ മാധ്യാന്കം ഇവിടെ സൂര്യൻ ഉദിക്കണമില്ല അസ്തമിക്കണമില്ല എപ്പോഴും ഒരേ സ്ഥലത്ത് നിൽക്കാണ് ഏത് സൂര്യൻ ആത്മാവാകുന്ന സൂര്യൻ പുറമേക്കുള്ള സൂര്യൻ കാണപ്പെടുന്നില്ല ഹൃദയമാവുന്ന ആകാശത്തിൽ ആത്മാവാകുന്ന സൂര്യൻ ബോധമാവുന്ന സൂര്യൻ ഉദിക്കാതെ അസ്തമിക്കാതെ പ്രകാശിച്ചുകൊണ്ടേ എങ്ങനെ സന്ധ്യാവന്തനം ചെയ്യുന്ന സന്ധ്യ വേണ്ടേ വന്ദിക്കാൻ അപ്പൊ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെയോ ബാക്കിയുള്ള കർമ്മങ്ങളൊക്കെ അനുഷ്ഠി അനുഷ്ഠിക്കുന്നില്ലെന്ന് ചോദിച്ചാൽ ബാക്കിയുള്ള കർമ്മമൊക്കെ പോലെ ഉണ്ടെങ്കിൽ അനുഷ്ഠിക്കാൻ ഇവിടെ എന്തു വിലയാളുള്ളത് എന്ന് വെച്ചാൽ മോഹമയി മാതാ അമ്മയാവുന്ന അജ്ഞാനമാവുന്ന അമ്മ മരിച്ചു എന്നാണ് ജാതഹ ബോധമയോ ശിശുഹു ജ്ഞാനമാവുന്ന കുട്ടി പിറന്നു അപ്പൊ വാലായ്മയും പെലയും ഉണ്ടെന്നാണ് രണ്ടും ഉണ്ട് അതുകൊണ്ട് മറ്റു ഗർവങ്ങൾക്കൊക്കെ അശുദ്ധിയുണ്ട് സർവത്തിനും അതീതമായ അവസ്ഥയിൽ സർവം ആത്മമയം ഈശ്വരമയം ഇതിന് ആകാശം ഒരു ഉദാഹരണം ആകാശത്തിനെ ഉപമയായി വെച്ചുകൊണ്ട് ഉദാഹരണമായി വെച്ചുകൊണ്ട് ഈ തത്വം പഠിച്ചു സർ ഗോവിന്ദനസങ്കീർത്തനം അഞ്ച് മിനിറ്റ് നിർത്താം